അധ്യായം ഇരുപത്തി ഒന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം എരുശിലമിന് നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രയേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രയേൽ ദേശത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ പുറപ്പെട്ടു എന്റെ വാൾമാനെയും ദുഷ്ടനെയും ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചുകളവാൻ പോകുന്നതുകൊണ്ട് തെക്കുമുതൽ വടക്കുവരെ സകല ജഡത്തിനും വിരോധമായി എന്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും യഹോവയായ ഞാൻ എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകലജടവും അറിയും അതിനി മടങ്ങിപ്പോരുകയില്ല നീയോ മനുഷ്യപുത്ര നിന്റെ നടു ഒടികെ നെടുവേർപ്പിടുക അവർ കാണുക കഠിനമായി നെടുവേർപ്പിടുക എന്തിന് നെടുവേർപ്പിടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത് ഒരു നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകലഹൃദയവും ഉരുകിപ്പോകും എല്ലാ കൈകളും കുഴഞ്ഞു പോകും ഏതു മനസ്സും കലങ്ങിപ്പോകും എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും അത് വന്നുകഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയാം കുല നടത്തുവാൻ അതിന് മൂർച്ച കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അതെന്റെ മകന്റെ ചെങ്കോലിനെയും സകലവൃക്ഷത്തെയും നിരസിക്കുന്നു ഉപയോഗിക്കാൻ തക്കവണ്ണം അവനത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക അതെന്റെ ജനത്തിന്മേലും ഇസ്രയേലിന്റെ സകല പ്രഭുക്കന്മാരുടെ മേലും വരും അവർ എന്റെ ജനത്തോടു കൂടെ വാളിന് ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു ആകയാൽ നീ തുടയിൽ അടിക്ക അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ില്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നീയോ മനുഷ്യപുത്ര പ്രവചിച്ച് കൈകൊട്ടുക വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിന്മുനെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വെച്ചിരിക്കുന്നു അയ്യോ അത് മിന്നൽ പോലെയിരിക്കുന്നു അത് കുലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു പുറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ് തല തന്നെ പുറപ്പെടുക ഞാനും കൈക്കൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കും യഹോബിയായി ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു യഹോബിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതിന് നീ രണ്ടു വഴി നിയമിക്കാം രണ്ടും ഒരു ദേശത്തുനിന്ന് തന്നെ പുറപ്പെടേണം ഒരു കൈചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലയ്ക്കൽ നാട്ടുക അങ്ങനെ വാൾ അമ്മൂന്യരുടെ രബ്ബയിലും യഹൂദയിൽ ഉറപ്പുള്ള എഴുശിലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരിയുങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു അവൻ തന്റെ അമ്പുകളെ കുലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വൻകുലയ്ക്കായി വായ്പിളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും എരുശിലമിനെക്കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലങ്കിൽ വന്നിരിക്കുന്നു എന്നാൽ അത് അവർക്ക് വ്യാജലക്ഷണമായി തോന്നുന്നു അവർ ആണ ഇടുവിച്ചിരിക്കുന്നുവല്ലോ എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടുവരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കയ്യാൽ പിടിക്കും നിഹതനും പ്രപു ഇസ്രയേലിന്റെ പ്രപ്പുവായുള്ളവേ അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ മകുടം നീക്കി കിരീടം എടുത്തുകളയും അതങ്ങനെ ഇരിക്കയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ അതിന് ഉന്മൂലനാശം ഉന്മൂലനാശം ഉന്മൂലനാശം വരുത്തും അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും അവന് ഞാൻ അത് കൊടുക്കും മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് അമൂന്യരെക്കുറിച്ചും അവരുടെ നിന്നയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് പോഷ്കലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഒരു വാൾ ഊരിയിരിക്കുന്നു അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കുലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറക അതിനെ ഉറയിൽ ഇടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും നീ തീക്കിരയായി തീരു നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിൽ ഇരിക്കും നിന്നെ ഇനി ആരും ഓർക്കയില്ല യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു